ഈശ്വര സംസാരി സേശോ അന്തർഹൃദയ ആകരുഷോ മനോമയ അമൃതോ ഹിരണ്മയ അന്തരേണ തലുക്കെ യഷ സ്ഥന ഇവ അവലംബത്തെ സേന്ദ്രയോനി സു കെ ശാദോ വിവർത്ത വ്യപോഹ്യസീക്ഷതപേ ഭൂരിഗ്ന പ്രതിഷതി ഭു വായു സുരിയാദിത്യേ ോതിസ്സ്വാരാജ്യംസ്തിപ്പതിച്ചക്ഷുഷ്പ്രോത്രപതൃവിജ്ഞാനപതി ആകാശരീരം ബ്രഹ്മ സത്യാത്മപ്രാണാരാമം ശാന്തിസ Ana പ്രാചീനയുഗോപാസ്വൂർഭുവ മഹ ഇത്യേത വ്യാഹൃത്യാത്മ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു മഹ എന്ന് പറയുന്ന വ്യാഹൃതി അത് ബ്രഹ്മമാണ് അതിന്റെ അങ്കാനി അന്യാദേവത ഭൂർ ഭൂസ്വരൂപ ൂർ ഭുവഹ ഇതെല്ലാം ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ള മറ്റ് ദേവതകളാണ് ആ രീതിയിലാണ് ഉപാസിക്കേണ്ടത് എന്ന് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു അംഗഭൂതാഹ തണഭൂതഹ ഏതൊരു ബ്രഹ്മത്തിനാണോ ഇതെല്ലാം അംഗമായിരിക്കുന്നത് ഏതൊരു ഹിരണ്യഗർഭന്റെ അവയവങ്ങളായിരിക്കുന്നു അതിന്റെ സാക്ഷാകാശനം ഉച്ച ഹൃദയാടുത്ത് പറയുന്നത് അന്തർഹൃദയാ വിളപ്പറയുന്നത് ഹൃദയാകാശം എന്നുള്ള ഒരു വസ്തുവിനെ ഇവിടെ എന്തിനു ചർച്ച ചെയ്യുന്നതാണ് ഇത് വിളിപ്പറയുന്ന ഹിരണ്ഗർ അതിന്റെ സ്ഥാനമാണ് അതാണ് മുഖ്യമായി അതിൻ്റെ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത് അവിടെയാണത് ഉപാസകൻ അവിടെ അതിനെ സാക്ഷാത്കരിക്കുന്നത് സ്വന്തം ഹൃദയത്തിൽ അതിനെ സാക്ഷാത്കരിക്കുന്നു സാളഗ്രാമിവ വിഷ്ണു എങ്ങനെയാണോ വിഷ്ണുവിന് സാളഗ്രാമം സ്ഥാനമായിരിക്കുന്നത് അവിടെ വിഷ്ണുവിന് ഉപാസിക്കുന്നത് അതുപോലെ ഇത് കേവലസ്ഥാനം മാത്രമാണ് ഹൃദയം എന്ന് പറയുന്നത് പ്രസ്മിൻ ഹി തദ്സ്യമാനം മനോമയത്വാദി ധർമ്മവിശിഷ്ടം സാക്ഷാത് ഉപലഭ്യതേ പാണോ ഇവ ആമലകം തസ്മിൻ ഹി തദ്പാസ്യമാണ് ആ ബ്രഹ്മത്തെവിടെ ഉപാസിക്കുന്നു അങ്ങനെ മനോമയത്വാദി ധർമ്മവിശിഷ്ടി അടുത്ത് പറയുന്നുണ്ട് മനോമയ അമൃതോ ഹിരൺമയ എന്നെല്ലാം പറയുന്നു അങ്ങനെ ഉപാസിക്കാൻ പറയുന്നു അങ്ങനെ ഉപാസിക്കുന്നവന് അവന് ഏത് രൂപത്തിലാണോ അവന് മനോമയത്വാദി ധർമ്മവിശിഷ്ടം മനോമയത്വാദി രൂപത്തിൽ സാക്ഷാത് ഉപലഭ്യത പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു ഉപാസകന് പാണോ ഇവ ആമലകം എങ്ങനെയാണോ ഉള്ളംകൈലെ നെല്ലിക്ക പോലെ ഉള്ളംകൈലെ നെല്ലിക്ക എന്ന് പറയുന്നത് എന്താണ് ഉള്ളംകൈയിലിരിക്കുന്ന ഒരു വസ്തു എന്നുള്ളംകൈയിലിരിക്കുന്ന ഒരു വസ്തു ദൂരെ ഇരിക്കുന്നതിനെ പ്രത്യക്ഷം സ്പഷ്ടമായിരിക്കും അതൊരു വസ്തുവിന്റെ സ്പഷ്ടതയ്ക്ക് വേണ്ടി പ്രത്യക്ഷമായ സ്പഷ്ടതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് ഉള്ളങ്കയിലെ നെല്ലിക്ക പോലെ അതുപോലെ ഇവിടെ പറയുന്ന ഉപാസനയെ അനുഷ്ഠിക്കുന്ന ഒരു വനം അവന്റെ ഹൃദയത്തിൽ ഇത് സ്പഷ്ടമായി സാക്ഷാത് ഉപലബ്ത സാക്ഷാത് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു അതാണ് ഉപാസനയുടെ ഫലം അല്ലാതെ ഈ ഉപാസനൻ ഉപാസന എന്ന് പറയുന്നത് പരോക്ഷമായ ഒരു അഭ്യാസമാണ് കേവലം ഭാവനയാണ് അങ്ങനെയൊരു ഭാവനയാണെങ്കിലും അവനീ ബ്രഹ്മത്തെ ഏത് തരത്തിലാണ് ഉപാസിക്കുന്നത് എന്ത് ഗുണവിശേഷത്തോടു കൂടിയാണ് ഉപാസിക്കുന്നത് അതേ രൂപത്തിലവന് അവന്റെ ഹൃദയത്തിൽ പൂർണമായും സ്പഷ്ടമായും അനുഭവപ്പെടുന്നു ഇത് പ്രത്യക്ഷമാണ് സാക്ഷാത്കാരം ആണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞു ഉള്ളം കൈയിലും നന്ദിക്കപ്പോലെ പാണാൾ ആമലകം ഇവ മാർഗ സർവാത്മഭാവപ്രതിഭയെ വക്തവ്യ അതുപോലെ തന്നെ ഈ ഹിരണ്യകർ ഭൂപാസനയുടെ ഫലമാണ് സർവാത്മഭാവ അനുഭവം സർവാത്മഭാവം അടുത്തു പറയുന്നു എന്താണ് സർവാത്മഭാവം സർവവും താനായി അനുഭവപ്പെടുന്നത് അത് ഉപാസനയുടെ ഫലമാണ് സർവാത്മഭാവപ്രതിപത്തി അതിൻ്റെ ജ്ഞാനം അതിനുള്ള ഉപായവും വക്തവ്യ അതും പറയേണ്ടതാണ് ഇത്യനുവാദ ആരഭ്യത്തെ തത്വജ്ഞാനം തത്വജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു സ്ഥാനത്തിൽ ഹൃദയത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ പ്രത്യേകിച്ചൊരു സ്ഥാനത്തിൽ പ്രത്യേകിച്ചൊരു അനുഭവം അത് ഉണ്ടാകുന്നില്ല അതുപോലെ ഈ പറയുന്ന സർവാത്മഭാവം തുടങ്ങിയ വിശിഷ്ടമായ അനുഭവങ്ങൾ ഇതെല്ലാം ഉപാസനയുടെ ഫലമായിട്ടാണ് തത്വജ്ഞാനത്തിന്റെ ഫലമായി എന്താ പറയുന്നതും തത്വജ്ഞാനം ഉണ്ടാകുന്നു തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു പിന്നീട് സ്വസ്വരൂപം സ്വയം പ്രകാശിക്കുന്നു അതിനെക്കുറിച്ച് അതിനപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല അവിടെ ഇന്ന അനുഭവം എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വയ്യ അത് വാക്കിനതീതമാണ് മനസ്സിനതീതമാണ് അനുഭവത്തിനും അതീതമാണ് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് അനുഭവത്തിനും അതീതമായ അനുഭവം എന്ന് പറയുമ്പോൾ അത് അനുഭവ സ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു ആത്മാവ് സ്വയം അനുഭവ സ്വരൂപമായി അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങളില്ലാതെ പ്രകാശിക്കുന്നു അതാണ് ഇവിടെ അങ്ങനെയുള്ള ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായി പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു എങ്ങനെയാണ് നാമരൂപാത്മകമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നത് ആ നാമരൂപാത്മകമായ പ്രപഞ്ചാനുഭവത്തിൽ സത്യജിത്താനന്ദങ്ങൾ അനുഭവപ്പെടുന്നത് അത് പരമാർത്ഥമാണ് ആത്മസ്വരൂപമാണെങ്കിലും വിഷയാനുഭവത്തിനും അതുപോലെ ഉപാസനും ഉപാസനയുടെ ഫലമായി വിശിഷ്ടമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതാണ് മനോമയത്വാദിധർമ്മവിശിഷ്ടം സർവാത്മപ്രതിപത്തി സർവാത്മഭാവപ്രതിപത്തി എന്നെല്ലാം പറയുന്ന അതാണ് അതിനുവേണ്ടി അതാണ് ഉപാസനയുടെ ഫലം ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ആത്മബോധം കൊണ്ട് അനുഭവം ഉണ്ടാവും വേറെ അനുഭവം ഉണ്ടാവും എന്നെല്ലാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഇവിടെ ഉപാസന രണ്ടു വ്യത്യാസം ഉപാസനയിൽ എങ്ങനെയാണ് ഉപാസന എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യം അതവിടെ സംഭവിക്കും തത്വജ്ഞാനത്തിലാണോ അവിടെ പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കാനും അവിടെ അജ്ഞാനനാശം ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു അവിടെ പ്രത്യേകിച്ച് ഒരു അനുഭവത്തെ കുറിച്ചൊന്നും വർണ്ണിക്കാനില്ല അനുഭവത്തെ കുറിച്ച് വർണ്ണിക്കുന്നതെല്ലാം ഉപാസനയുടെ ഫലമായിട്ടാണ് അതാണ് അടുത്തു പറയുന്നത് സേശോ അന്തർഹൃദയ ആകാശി വിക്രമ്യ അയം ദൃഷൈത്യനു സമ്പദ്ധ്യത തസ്മിൻ അയം സൃഷ്ടം എന്ന് ചേർക്കണം സമാനഭക്തിയാണത് അതിനോട് അന്വേഷിക്കണം എന്നാണ് സ്വയം പുരുഷന്തിര ഹൃദയ ഏതൊരു പുരുഷനാണോ ഈ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്നത്ക്ക് വേണ്ടി പറയുക ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട് അതും കവിഞ്ഞ് ഇതിനും പ്രത്യേകിച്ച് താല്പര്യം ഹൃദയം എങ്ങനെ വരുന്നു ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു ഹൃദയത്തിന്റെ സയൻസ് എന്നല്ല ഇവിടെ പറഞ്ഞു നമ്മൾ ഇന്നും ഹൃദയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പതിനായിരം വർഷം മുമ്പ് ഹൃദയത്തെ കണ്ടുപിടിച്ച് വാങ്ങി നമ്മുടെ ആചാര്യന്മാർ എന്നിവിടെ പറഞ്ഞു ഇത് കേവലം ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശം സ്ഥാനം ശരീരത്തിലൊരു സ്ഥാനം അതാണ് അന്തർഹൃദയം സൗകര്യമുള്ളത് എങ്ങനെയാണോ ബാഹ്യമായി ശിവലിംഗവും കളഗ്രാമും പ്രതിമയും അതുപോലെ മനസ്സിന് ഏകാഗ്രപ്പെടാനൊരു സ്ഥാനം അതേ ഉള്ളു അന്തർഹൃദയം ഒരു ദേശീയ അന്തർഅന്തൃദയം ഇതി പുണ്ടരി യതനോ അനേക നാടി സുഷിര ഊർദ്ധുനാളോ അധോമുഖോ വിശ്വസ്യമാനെന്ത ഈ ഹൃദയം ഹൃദയെന്ന് പറയുന്നു ഹൃദയം അതിന് വേറെ സംശയമൊന്നുമില്ല ഹൃദയം എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അർത്ഥമെടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുന്നു വേറെ ഒന്നുമില്ല താമരയുടെ ആകാരത്തിലുള്ള താമരമുട്ടിൻ്റെ സൈസുള്ള മാംസപിണ്ടം അതുതന്നെയാണ് ഇവിടെ ഹൃദയം പറയുന്നത് പ്രാണായതോ അത് പ്രാണന്റെ ആയതനമാണ് പ്രാണൻ അതിനെ ആശ്രയിച്ച് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു അതില്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ പ്രാണൻ ഇല്ല അതുകൊണ്ട് പറയുന്നു പ്രാണന്റെ ഇരിപ്പിടമാണ് ശരീരത്തിൽ പ്രണസ്പന്ദനം അനുഭവപ്പെടുന്നതിനുള്ള മുഖ്യമായൊരുപാധി ഹൃദയമാണ് അനേക നാഡീ സുഷിര അനേക നാഡീസുഷിരങ്ങളോടു കൂടിയത് സർവ നാടികളും ആ ഹൃദയത്തിൽ സംയോജിക്കുന്നു ആ നാഡീസുഷിരങ്ങളോട് കൂടിയത് അതിന് ഊർധ്വനാളോ അധോമുഖോ ഊർധ്വനാളം അതിൽ നിന്ന് മുകളിലോട്ട് നാടിയുണ്ട് ഊർധ്വമാണ് അതിൻ്റെ മുഖ്യമായ നാടി അധോമുഖ അതെന്താണ് അധോമുഖമായിരിക്കുന്നു എന്നുവെച്ചാൽ അത് താമര സർണ ഉയർന്നാണ് ജലത്തിനും മറ്റും വികസിച്ച് നിൽക്കുന്നത് ആ താമരയെ താഴോട്ട് പിടിച്ചു കഴിഞ്ഞു എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ അധോമുഖം എന്ന് പറഞ്ഞു സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന താമരയെപ്പോലെയുള്ള മറിച്ച് തിരിച്ച് വിശ്വസ്യമാനെ പശു മൃഗത്തെ കശാപ്പ് ചെയ്യുമ്പോൾ പ്രസിദ്ധ വ്യക്തമായി ഉപലഭ്യതേ മൃഗങ്ങളെയും കശാപ്പ് ചെയ്യുമ്പോൾ കാണുന്ന സാധനം അത് തന്നെ എന്ന് പറയുന്നു എന്നാൽ അന്ന് യാഗത്തിനും മറ്റും ആട്ടിനും മറ്റും മുറിക്കും മുറിക്കുമ്പോൾ ഹൃദയം കാണാം അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായി നെയ്യജ്യോതി ശങ്കരാചാര്യർക്ക് കശാപ്പുണ്ടായിരുന്നു യാഗത്തിനും പണ്ട് കശാപ്പുണ്ടായിരുന്നു അപ്പം അവിടെ മുറിക്കുമ്പോൾ കാണാം ഹൃദയം അതുകൊണ്ടാണല്ലോ ഇത്രയും വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത് അത് വ്യക്തമായി ഉപലബ്യത ഇതിനെല്ലാം ഹൃദയത്തെയും മറ്റൊരിത് ഹാവിസായി അർപ്പിച്ചിരുന്നു മുമ്പ് യാഗത്തിൽ അങ്ങനെയുള്ള ഹൃദയം തസ്യഅന്തര്യ ആകാശ പ്രസിദ്ധ ദൈവകരകാകാശവത് കരകാകാശത്തെ പോലെ കമണ്ടലും അതിൻ്റെ ഉള്ളിലുള്ള ആകാശം അതുപോലെ ഈ ഹൃദയത്തിന്റെ ഉള്ളിലൊരാകാശമുണ്ട് കരകാകാശത്തെ പോലെ ആകാശം ഇവിടെ സാധാരണ കരകാകാശം എന്ന് പറയുമ്പോൾ കമണ്ടലുവിലാകാശം കമണ്ടലൂൽ ആകാശം കമണ്ടലൂവിൽ ജലമുണ്ടായിരുന്നാലും ജലം ഇല്ലാതിരുന്നാലും അവിടെ ആകാശമാണ് ഇവിടെ ആകാശം എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നു പ്രസിദ്ധമായ കരകാകാശത്തെ പോലെ ഇന്ന് പറയുമ്പോൾ ഇവിടെ വെറും ആകാശത്തെയല്ല പറയുന്നു മറ്റു ഭാഗങ്ങളിലവിടെ ആകാശം എന്ന് പറയും ആകാശം അന്തക്കിരണം തന്നെ അവിടെ ആകാശത്തിന് അന്തരണത്തെ വിട്ട് നിക്കാൻ വയ്യ ആകാശം മനോമയമാണ് കാരണം കേവലമായ ആകാശത്തിൽ ഈ പുരുഷന് പുരുഷനായി നിക്കാൻ കഴിയുന്ന അവിടെ പറയും അങ്കുഷ്ടമാത്ര പുരുഷ അങ്ങനെ പുരുഷനൊന്നും ഭാവന ചെയ്യണം ഏതെങ്കിലും തരത്തിൽ അപ്പൊ ഭാവന ചെയ്യണമെങ്കിൽ കേവലം ആകാശം അവിടെ പുരുഷനായി സ്ത്രീയാൻ ആത്മാവ് സർവവ്യാപകമാണ് സർവത്തിലുണ്ട് ആകാശത്തെക്കാൾ വ്യാപകമാണ് ആകാശത്തെ ഉൾക്കൊള്ളുന്നു പക്ഷേ ഇവിടെ വേണ്ട ഉപാസിക്കാൻ വേണ്ടി എന്താണ് മനോമയനായ പുരുഷനാണ് അപ്പോൾ മനോമയനായ ആയിരിക്കുന്ന ആകാശം അപ്പോൾ വെള്ളത്തോട് കൂടിയ ആകാശം എന്ന് പറയുന്നത് പോലെ എന്താണോ അന്ധക്കരണ ആകാശം അങ്ങനെയാണ് പറയുന്നത് കേവലമായ ആകാശത്തിൽ അല്ല മനോമയമായ ആകാശത്തിലാണ് ആ പുരുഷനെ ധ്യാനിക്കുന്നത് തസ്മിൻ സ്വയം പുരുഷ അവിടെയുള്ള ആ പുരുഷൻ അത് പുരുഷനെ ധ്യാനിക്കാൻ വേണ്ടി പറയും ഒരവലംബനമില്ലാതെ നിർഗുണത്തെയും നിരാകാരത്തെയും മനസ്സിൽ സങ്കല്പിക്കർഗുണമെന്നോ നിരാകാരം എന്നോ സങ്കല്പിക്കുമ്പോ ആ സങ്കല്പത്തിന് പ്രത്യേകിച്ച് വിഷയങ്ങളില്ലാതായിപ്പോകും അവിടെയുള്ള നിഷേധാത്മകമാണ് നിർഗുണം ഗുണശൂന്യം അവിടെ ഭാവാത്മകമായി ഒന്നിന് ഭാവന ചെയ്യാൻ കഴിയുന്നില്ല ഒരു നിഷേധത്വ ഭാവന ചെയ്യേണ്ടി വരും നിരാകാരം സർവാകാരങ്ങളിൽ നിഷേധിക്കുന്നു ആ നിഷേധത്വ ഭാവന ചെയ്യേണ്ടി വരും അത് പ്രയാസമാണ് ഒരുതര ശൂന്യത ഭാവനയുന്നു അതുകൊണ്ടുകൂടെ എന്ത് ചെയ്യുന്നു ഭാവാത്മകമായി നിർദ്ദേശിക്കുന്നു മനോമയനായ പുരുഷൻ ആനന്ദമയനായ പുരുഷൻ അങ്ങനെ ഓരോ തരത്തിനും നിർദ്ദേശിക്കുന്നു അത് അങ്കുഷ്ടമാത്രനായ പുരുഷൻ ഭാവനയ്ക്ക് ഒരു അവലംബം ഒരാലംബനം തസ്മിൻ സ്വയം പുരുഷന പൂർണവാ ഭൂരാതയോ ലോക ഏനേരി പുരുഷ പൂർണ ലോക പുരുഷ ഈ ലോകങ്ങളെല്ലാം ഏതൊരുവിനാൽ പൂർണമായിരിക്കുന്നു ലോകങ്ങളെല്ലാം ഏതൊന്നിനാൽ നിറഞ്ഞിരിക്കുന്നുവോ ഈ ലോകങ്ങളെല്ലാം ഏതൊന്നിന്റെ അസ്തിത്വത്തിൽ നിലനിൽക്കുന്നുവോ ഏതെന്തിൽ നിന്നും ഈ ലോകത്തെ വേർപിരിക്കാൻ കഴിയില്ലയോ അല്ലെങ്കിൽ പുരി സേന ഈ ശരീരത്തിൽ സഹിക്കുന്നവൻ പുരിയാകുന്ന ഈ ശരീരത്തിൽ സഹിക്കുന്നവൻ അല്ലെങ്കിൽ ഹൃദയം തന്നെ പുരിയാണോ ആ ഹൃദയത്തിൽ സഹിക്കുന്നവൻ അതൊരു അവലംബ അവലംബമായി പോലെ പുരുഷവും പറയുന്നു മനോമയഹ മനോമയൻ മനോവിജ്ഞാനം മനോറഞ്ഞം എന്നെടുക്കും വിജ്ഞാനമയനായിരിക്കുന്ന ആ പുരുഷൻ മനുതേഹ ജ്ഞാനകർമ്മ തന്മയ തതുപഭ്യത്വ മനുത്തേഹ മനുധാതുവിന്റെ അർത്ഥം ജ്ഞാനകർമ്മ ജ്ഞാനക്രിയ ഞാനക്രിയ ഞാനകർമ്മം എന്ന് വെച്ചാൽ ഞാനക്രിയ മനസ്സേന്ന് വെച്ചാൽ മനധാതു മനധാതുന്റെ അർത്ഥം ഞാനക്രിയ അറിയുക എന്ന് പറയുന്ന ഒരു ക്രിയയാണ് അറിയുക എന്ന് പറയുന്നത് എന്തുകൊണ്ടത് മനസ്സിന്റെ സ്പന്ദനമാണ് അതാണ് ഞാനക്രിയ എന്ന് പറയുന്നത് പുരുഷനെ ഉപാസിക്കുക എന്ന് പറയുമ്പോ എന്ത് ചെയ്യുന്നു അത് മനസ്സിന്റെ സ്പന്ദനമാണ് മനസ്സ് പുരുഷാകാരമായി സ്പന്ദിക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സ് പുരുഷാകാരമായി പരിണമിക്കുന്ന മനസ്സിന്റെ ക്രിയ എന്ന് പറയുന്നത് ആ മനസ്സിൻ്റെ സ്പന്ദനമാണ് തതുപഭ്യത്വ അതിലൂടെയാണ് ഉപലഭ്യമാകുന്നത് പുരുഷനെ വിഷയമാക്കുന്നത് അങ്ങനെയാണ് പുരുഷനെ മനസ്സിന് വിഷയമാകത്തില്ല ആകത്തില്ല എന്നുള്ളത് മനസ്സിനതീതനാണ് മനസ്സിനതീതനാകുന്നെങ്കിലും അതിന്റെ പൂർണ്ണരൂപത്തിൽ നിർഗുണരൂപത്തിൽ അത് മനസ്സിനതീതനായിരിക്കും പക്ഷെ ധ്യാനിക്കണമെങ്കിൽ പുരുഷനും മനസ്സുകൊണ്ട് വിഷയമാക്കിയാലേ കഴിയും അപ്പം അങ്കുഷ്ടമാത്രം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്കുഷ്ടപരിണാമൊന്നുമില്ലെങ്കിലും മനസ്സ് ചതാകാരമാകുന്നു അങ്കുഷ്ടമാത്രനായ ജ്ഞാനമയനായ ജ്ഞാനസ്വരൂപനായ ഒരു പുരുഷനെ മനസ്സ് തന്നെ ഭാവനയും മനസ്സിന്റെ ഭാവനയിൽ അങ്ങനെ ഒരു പുരുഷൻ തെളിഞ്ഞു വരും അതാണ് തതുപഭ്യത്വ മനുത അനേനേതിവാ മനഃ മനസ്സിന് പല വിത്പത്തി ആകാം അറിയുന്നത് മന അവബോധനെ ഏതെന്തുകൊണ്ടാണോ അവബോധം ജ്ഞാനമുണ്ടാകുന്നത് അത് മനസ്സ് അതിനെയും മനസ്സെന്ന് പറയ മനസ്സ് സ്വയം ജ്ഞാനമയമാണ് മനസ്സുകൊണ്ട് അറിയുന്നു സർവത്തെയും മനസ്സിനെയും അറിയുന്നു എന്തുകൊണ്ട് മനസ്സുകൊണ്ടാണ് അതുകൊണ്ട് മനസ്സിലെ അനേന ഈതിവാ മനഃ അന്ധകർണം ഇതെല്ലാം ഒന്ന വിജ്ഞാനം എന്ന് പറയുന്നു മനസ്സെന്ന് പറയുന്നു അന്ധകർണമെന്ന് പറയുന്നു അമനോമയനായ പുരുഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നു തദ്ഭിമാനി അതിലഭിമാനിക്കുന്നവൻ തന്മയ മനോമയനായിരിക്കുന്നവൻ തൻലിംഗ മനസ്സാകുന്ന അടയാളത്തോടുകൂടിയവൻ ഇതാണ് ആ പുരുഷൻ ഹൃദയസ്ഥിതനായ പുരുഷൻ അത് മനോ തത് അഭിമാനിയായിരിക്കുന്നു അഭിമാനിക്കുന്നു അഹംബോധത്തോടുകൂടിയിരിക്കുന്നു അഹംബോധം ഇവിടെ നീങ്ങുന്നു അന്ധകരണത്തിലാണ് അതായത് മനസ്സിലാണ് അഹംബോധം അപ്പൊ ഈ അഭിമാനത്തിന് ആധാരമായിരിക്കുന്നത് മനസ്സാണ് ആ മനസ്സ് തന്നെ സ്വയം ജ്ഞാനരൂപത്തിലിരിക്കുന്നു അപ്പൊ അഭിമാനം ജ്ഞാനത്തിൽ വന്നു അഹം എന്നിരിക്കുന്നു അഭിമാനം ജ്ഞാനാഭിമാനമാണ് ഈ അഭിമാനം എവിടെയാണ് വരുന്നത് ജ്ഞാനത്തിലാണ് വരുന്നത് ബോധത്തിലാണ് അഭിമാനം വരുന്നത് അഭിമാനി ആ അഭിമാന്യായവനാണ് ആ അഭിമാനത്തോടുകൂടിയ തന്നെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് ആരാണ് ധ്യാനിക്കുന്നത് അഹമൊന്ന് അഭിമാനിക്കുന്നു മറ്റാരും കൂടെ ധ്യാനിക്കാനില്ല ധ്യാതാവ് താൻ തന്നെ എവിടെയാണ് തൻ്റെ ഈ അഭിമാനം നിൽക്കുന്നത് തൻ്റെയാണ് മനസ്സിൽ തൻ്റെ മനസ്സിൽ തന്റെ മനസ്സുകൊണ്ട് ഞാനെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചിട്ടെന്ത് വരുന്നു ആ ഞാൻ അത് ഹൃദയസ്ഥിതനാണ് അഭിമാനമില്ലാതെ ഉപാസന സാധ്യമാണ് അഭിമാനമുള്ളവനെ ഉപാസന സാധ്യമാണ് ആ ഞാൻ അങ്കുഷ്ടമാതൃനായി അല്ലെങ്കിൽ പുരുഷനായി എവിടെ ഹൃദയത്തെ സ്ഥിതി ചെയ്യുന്നു അത് ഏത് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു വിജ്ഞാനമായി അപ്പൊ അഭിമാനം അവിടെയാണ് അത് സ്വയം അത് ജ്ഞാനമയനിംഗ ഈ അഭിമാന രൂപത്തിലുള്ള ഈ ജ്ഞാനം ഇത് തന്നെയാണ് അതിന് ലിംഗമായിരിക്കുന്നത് അടയാളമായിരിക്കുന്നത് പ്രമാണമായിരിക്കുന്നത് എന്താണ് അവിടെ പുരുഷൻ സ്ഥിതി ചെയ്യുന്നു തൻ്റെ ഹൃദയത്തിലുള്ള പുരുഷന് പ്രമാണമായിരിക്കുന്നത് സ്വ അനുഭവം എന്തുകൊണ്ട് ഒരുവൻ പറയുന്നു ഹൃദയസ്ഥിതനായ ഒരു പുരുഷൻ ഉണ്ട് എന്നുള്ളത് അതിജ്ഞാനം തന്നെയാണ് അതിന് പ്രമാണം താനതിനെ അറിയുന്നു അഭിമാനിക്കുന്നു ഈ ഭാവന എന്ന് പറയുന്നത് അഭിമാനമാണ് തന്റെ അഭിമാനത്തെ ആ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നു ഞാൻ അങ്കുഷ്ടമാത്രനായി സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ തന്നെയാണ് ധ്യാനിക്കുന്നത് എന്ന് തന്നിംഗ് ഉപാസകൻ സ്വയം വിജ്ഞാനസ്വരൂപനായി വിജ്ഞാനമയനായി സ്വന്തം ആ വിജ്ഞാനത്തെ തന്നെ ആശ്രയിക്കുന്ന അഹന്തെ അതിന്റെ സഹായത്തോടു കൂടി ആ വിജ്ഞാനസ്വരൂപനായിരിക്കുന്ന തന്നെ ഹൃദയത്തിൽ ഭാവന ചെയ്യുന്നു അതാണ് തദഭിമാനി തന്മ തന്നിംഗ തന്നലിംഗനായി അപ്പൊ വിജ്ഞാനം വിജ്ഞാനത്തെ ധ്യാനിക്കുന്നു അഹന്ത അഹന്തയെ ധ്യാനിക്കുന്നു മനസ്സും മനസ്സിനെ ധ്യാനിക്കുന്നു അതാണ് ഈ പറയുന്നതിന്റെ താത്പര്യം അത് ഇതെല്ലാം ഭാവന എങ്ങനെ ഭാവന ചെയ്യുന്നു അമൃത അമരണധർമ്മ നാശരഹിതനാണ് അതിന്റെ സ്വരൂപം നാശ രഹിതമാണ് അമൃതമാണ് സ്വരൂപം പക്ഷെ തന്റെ അനുഭവത്തിലല്ല തന്റെ അനുഭവത്തിൽ എന്താണ് താൻ നശിക്കുന്നവനാണ് തന്റെ അഭിമാനം ശരീരത്തിലാണ് അല്ലെങ്കിൽ ഹൃദയത്തിലാണ് അതെല്ലാം നശിക്കുന്നതാണെങ്കിൽ അതിന്റെ നാശത്തോടുകൂടി തന്റെ അഭിമാനവും നശിക്കും ഏതൊരു ആലംബത്തെ ആശ്രയിച്ചാണോ ഈ അഭിമാനം നിലനിൽക്കുന്നത് ആലംബമില്ലെങ്കിൽ ശരീരമില്ലെങ്കിൽ ശരീരഭിമാനം നശിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് തനിക്ക് അഭിമാനം ഉള്ളിടത്തോളം കാലം ആ അമൃതത്വമില്ല അതിനുള്ള ഉപാസകൻ ഭാവന ചെയ്യുന്നു അമൃത അമരണധർമ്മ ഹിരൺമയ ജ്യോതിർമയഹ പ്രകാശസ്വരൂപനാണ് സദാ ബോധ പുണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ ഹൃദയാകാശസ്ഥിതനായ പുരുഷൻ സദാബോധരൂപത്തിൽ പ്രകാശിക്കുന്നു അറിവിന്റെ രൂപത്തിൽ ജ്യോതിസായി ജ്യോതിസെന്ന് പറഞ്ഞാൽ അറിവ് ജ്ഞാനമയനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ജ്ഞാനമയനായി സദാ പ്രകാശിക്കുന്ന തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ോധസ്ഫുരണത്തിന് ഒരു സ്ഥാനത്തെ നിർദ്ദേശിക്കുന്നു ഹൃദയം മാംസമയമായ ഹൃദയം അവിടെ ഈ പുരുഷന് ഉപാസകൻ ആ പുരുഷനെ അവിടെ സ്ഥാപിക്കും വാസ്തവത്തിൽ ചൈതന്യം ഈ ചൈതന്യജ്യോതി സർവശരീരവ്യാപകമാണ് ആപാദ മസ്തകം ആ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു വ്യാപിച്ചിരിക്കുന്നെങ്കിലും ഉപാസകൻ ഉപാസിക്കുന്ന ഹൃദയത്തിലാണ് പ്രത്യേകിച്ചും വൈദികമായ ഉപാസനകളൂടെ പറയുന്നു അല്ലെ താന്ത്രിക ഉപാസനകളൊന്നുമില്ല അവിടെയെല്ലാം പലതരത്തിലുള്ള ഉപാസനകളുണ്ട് വൈദിക ഉപാസനയെ സംബന്ധിച്ച് ഇവിടെ മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട് നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നത് ഹൃദയത്തിലാണ് അതിന് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് ഹൃദയത്തിൽ ധ്യാനിക്കുന്നു അതാണ് ഇനി പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ സ്ഥാനം ശരീരത്തിൽ എവിടെയുമാകാം എവിടെയും ധ്യാനിക്കാം പക്ഷെ അതല്ല ഹൃദയത്തിൽ ഭിമാനി തന്മയൻ തൽിംഗനായിരിക്കുന്നു ഈ രൂപത്തിലുള്ള ആ പുരുഷൻ തന്റെ ഹൃദയത്തിൽ ഹൃദയാകാശേ സാക്ഷാത്മഭൂത ഉപാസകന്റെ സ്വരൂപം തന്നെയായ വിദുഷ ഉപാസകൻ ആ ഉപാസകന്റെ സ്വരൂപമായ അവൻ തന്റെ ഹൃദയത്തിൽ സാക്ഷാത്കരിച്ച തന്റെ ഹൃദയാകാശത്തിൽ സാക്ഷാത്കരിച്ചു തന്റെ ഹൃദയാകാശത്തിൽ അവിടെ അന്ധകരണമാകുന്ന ഒരു ഉപാധിയെ ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടാണ് അവിടെ പുരുഷനെ സാക്ഷാത്കരിക്കുന്നത് പുരുഷൻ സർവവ്യാപകമാണ് സൂര്യപ്രകാശ സർവവ്യാപകമാണ് പക്ഷേ ദർപ്പണത്തിൽ അത് പ്രതിബിംബിക്കുന്നു പ്രതിബിംബസ്ഥാനം ദർപ്പണം മാത്രം മറ്റൊന്നും പ്രതിബിംബസ്ഥാനമല്ല അതുപോലെ ഈ ഹൃദയസ്ഥിതമായ അന്ധകരണമാണ് പുരുഷന്റെ ഉപലബ്ധിസ്ഥാനം അവിടെയുള്ള അന്ധക്കരണം അന്ധകരണത്തിന് സ്ഥാനം കൽപ്പിക്കുന്നതാണ് ഹൃദയാകാശം അത് ഭാവന ചെയ്യുന്നതിന് സൗകര്യമായതുകൊണ്ടും പ്രാണപ്രവർത്തനത്തിന്റെ അവിടെ സാക്ഷാത്കൃത വിദുഷ് ഉപാസകൻ സാക്ഷാത്കരിച്ച ആത്മഭൂതസ്യത അവന്റെ സ്വരൂപം തന്നെ എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സ് ഏകാഗ്രമായി മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ഹൃദയം എന്ന് പറയുന്ന സ്ഥാനത്ത് ഹൃദയസ്ഥാനത്തിൽ അവലംബിക്കുന്ന ആ അന്ധകരണത്തിൽ അവിടെ ആ പുരുഷൻ അങ്കുഷ്ടമാത്രനായി പ്രകാശിക്കുന്നു അവൻ അതിനെ സാക്ഷാത്കരിക്കുന്നു ഇന്ദ്രസ്യ അതാണ് ഇവിടെ ഇന്ദ്രൻ ഈദൃശ്യ സ്വരൂപ പ്രതിഭത്തെയും മാർഗോപീയത്തെയും ഈ തരത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് പുരുഷന് ഹിരണ്യഗർഭ ഉപാസാക്ഷാത്കരിക്കുന്നതിനുള്ള ആ സ്വരൂപ പ്രതിപത്തിക്കുള്ള മാർഗം അതിനവിടെ പറയുന്നു അതാണ് ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് ഹൃദയത്തിൽ ധ്യാനിക്കുന്നതിലൂടെ ഹിരണ്യഗർഭത്തെ എന്നെ പ്രാപിക്കാം ഹിരണ്യഗർഭ ുള്ള ഒരു ഉപായുള്ള രീതിയിലാണ് ഇവിടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് അതെങ്ങനെ രണ്ഗത്ഭപ്രാപ്തി ഈ ഉപാസന സഹായിക്കുന്നു പറയുന്നു ഹൃദയാ ദൂർധും പ്രവൃത്ത സുഷുഭ്ന നാമനാടി യോഗ ശാസ്ത്രേഷിച്ച പ്രസിദ്ധ ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സുഷുബ്ന നാമ നാടി സുഷുബ്ന എന്ന നാടി അത് ഈ ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ് മുകളിലേക്ക് ചില ശിരസിലേക്ക് യോഗശാസ്ത്രേഷ പ്രസിദ്ധ യോഗശാസ്ത്രത്തിനും പ്രസിദ്ധമാണ് യോഗശാസ്ത്രത്തിനും ഇങ്ങനെ ഒരു നാടിയെ വർണ്ണിക്കുന്നുണ്ട് ഹൃദയത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്നതായി യോഗശാസ്ത്രങ്ങളിലെന്ന് പറഞ്ഞിരിക്കുന്നു സാധാരണ സുഷുഭിനാടി മൂലാധാരത്തിൽ നിന്ന് മേലോട്ട് പോകുന്നു എന്നാണ് അത് താന്ത്രികമായ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ അതിനെ സ്വീകരിച്ചിരിക്കുന്നത് കുണ്ടലിനി ഉപാസനയ്ക്കും പറ്റും ഇവിടെ അതല്ല വൈദിക ഉപാസനയാണ് വിരണ്യഗർഭ ഉപാസനയാണ് ഓരോ ഉപാസനകൾക്ക് ഓരോ തരത്തിൽ ഉള്ള മാർഗങ്ങളും സ്ഥാനങ്ങളും നിർദ്ദേശിക്കുന്നു വൈദികമായ ഉപാസനയിൽ സർവത്ര ഹൃദയത്തിൽ നിന്ന് ഊർജ്ജമായി പോകുന്ന സുഷിക്കുന്ന നാടിയെ കുറിച്ചാണ് പറയുന്നത് അതിനുള്ള യോഗശാസ്ത്രത്തിൽ പ്രസിദ്ധമായിരിക്കുന്നത് സന്തരേള മധ്യേ പ്രസിദ്ധേ ാലുകയോർഗത അത് താലുക്കളുടെ ഉള്ളിലൂടെ മധ്യത്തിലൂടെ മുകളിലോട്ട് പോകുന്നു എന്നാ താലുക്കൾക്ക് മധ്യത്തിലൂടെ ഉള്ളിലേക്ക് പോയി എസ് എഷ താലുകയോർ മധ്യേ അത് വ്യക്തമാകുന്നു താലൂക്കളുടെ മധ്യത്തിലൂടെയെന്ന് പറയുമ്പോൾ താലുകയോർ മധ്യേത അവലംബതെ മാംസഖണ്ഡ തസിൽ ആ താലു എന്ന് പറയുന്ന ആ സ്ഥാനമാണ് മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന തൂങ്ങിക്കിടക്കുന്ന മാംസഖണ്ഡം വാക്കുള്ളിൽ തസിജ അന്തരേണ അതിലൂടെ മുകളിലേക്ക് കടന്നു പോകുന്നു ആ ഭാഗത്തിലൂടെ നടത്തും അതിലൂടെയെന്ന് പറയുമ്പോൾ ആ സ്ഥാനമാണ് ആ താലുസ്ഥാനത്തിലൂടെ ഈ നാടി മുകളിലേക്ക് പോകുന്നു പോയി എസ്റ്റേഷ താലുഗൂർ മധ്യസ്ഥലംബതി മാംസഖണ്ഡ തസ് അന്തരേണ എത്ര ചേശാന്ത കേശാനമന്ത് അവസാനം മൂലം കേശാന്തോ വിവർത്തത വിഭാഗീന വർത്തത മൂർധപ്രദേശ മൂർധാവ് കേശാന്തം എന്ന് പറഞ്ഞാൽ കേശാന മന്ദം എവിടെയാണോ തല രോമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ മൂർധാവൻ മൂർധപ്രദേശം എന്ന് കേശാന്തം എന്ന് പറയുന്നു കേശങ്ങൾ എവിടെ നിന്നാണോ ആരംഭിക്കുന്നതാണ് കേശാന്തം അതെവിടെ തലയിൽ മുഴുവനുണ്ട് പക്ഷെ മൂർധാവൻ അവിടെ അതെത്തിച്ചേരുന്നു വിഭാഗേന വർത്തത്തെ അവിടെ തലയോട്ടി ചേർന്നിരിക്കുന്ന ഭാഗം അവിടെ ഇതെത്തിച്ചേരുന്നു മൂർധപ്രദേശം അപ്പോ അങ്ങനെ ഹൃദയത്തിൽ നിന്നും ഒരു സുഷുമന എന്ന് പറയുന്ന നാടി കൃത്യമായി ഭാഗത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടെ ഈ ഭാഗത്തെത്തിച്ചേരുന്നു ഇല്ലയോ എന്നുള്ളതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ ഉപാസനയ്ക്കും ഭാവനയ്ക്കു വേണ്ടി പറയുകയാണ് അത് ഹൃദയത്തിൽ നിന്ന് അനേക ആയുധം നാടികളുണ്ട് അതിനേത് നാടിയാണ് എന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇവിടെ അങ്ങനെ ഒരു നാടിയെ ഭാവന ചെയ്യുന്നു തം ദേശം പ്രാപ്യ തത്ര വിനുസൃതാഹ അവസാനിക്കുന്നു അങ്ങനെയുള്ള ഒരു നാടിച്ച് ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുന്ന പുരുഷൻ ഈ നാടിയിലൂടെ നാടിയിൽ പ്രവേശിച്ച് മൂർധാവിലൂടെ നിർഗമിച്ചു കഴിഞ്ഞാൽ വ്യപോഹ്യ വിഭജ്യം ശീർഷകപാലെ ശിരകപാലെ മിനർഗത യോനിർമാർഗ സ്വരൂപ്രതിപത്തിദ്വാരം അതാണ് ഇവിടെ ഹിരണ്യഗർഭ ഉപാസന ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചല്ല പറയുന്നു അതിന് പ്രത്യേകിച്ച് ഹൃദയം എന്ന് സ്ഥാനമോ പോകുന്നതിന് സുഷുമ്പന നാടിയോ ഒന്നുമില്ല ഉപാസന അങ്ങനെയല്ല ഉപാസന എന്ന് പറയുന്നത് മാനസികമായൊരു ക്രിയയാണ് ആ ക്രിയയിൽ എന്തു ചെയ്യുന്നു എങ്ങനെയാണോ അവന്റെ ഭാവന മനോമയനായി ജ്ഞാനമയനായി ആനന്ദമയനായി എല്ലാം ഭാവന ചെയ്യുമ്പോൾ അവിടെ ഈ ഹൃദയത്തിൽ ഹൃദയത്തിൽ എന്ന് പറയാം ഹൃദയാകാശത്തിൽ ഈ പുരുഷൻ അവന് സാക്ഷാത്കൃതനാകുന്നു ആ പുരുഷനെ അവൻ ഭാവന ചെയ്യുന്ന ആ നാടീം മാർഗത്തിലൂടെ ആ പുരുഷൻ സഞ്ചരിച്ചു ഇവിടെ പറയുന്നു എന്താണ് വിപ്പോഹി വിഭജ്യത ശീഷകപാലെ ആ ശിഷകാലത്തിൽ ഒരു ചേർച്ചയുണ്ടല്ലോ ശിരക്കപാലെ അതുവഴി വിനർദത അതുവഴി ഒരു മാർഗമുണ്ട് യോനി അതാണ് ഇന്ദ്രസി ബ്രഹ്മണോ യോനി ഹിരണ്യഗർഭസ്ഥാനത്തെ പ്രാപിക്കുന്ന മാർഗം അതാണ് പ്രാപ്തിക്കുള്ള ദ്വാരം ഉപ മാർഗം അതാണ് ഉപാസനയിലൂടെ ആ ഹിരണ്യഗർഭ ിൽ എത്തിക്കുന്ന ജീവന് അതായത് ജീവൻ ശരീരവ്യാപകമായിരിക്കുന്നു പരമാത്മ ചൈതന്യം സർവവ്യാപകമായിരിക്കുന്നു പക്ഷെ അത് ജീവചൈതന്യമാകുമ്പോൾ അത് ശരീരവ്യാപകമായിരിക്കുന്നു ആ ശരീരവ്യാപകമായിരിക്കുന്ന ജീവന് ഉപാസകൻ തന്റെ ഉപാസനാ ശക്തി കൊണ്ട് തന്റെ ഏകാഗ്രത കൊണ്ട് ഹൃദയത്തിലേക്ക് ഏകാഗ്രമാക്കുന്നു ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും അപ്പം ജീവൻ മറ്റ് ശരീരഭാഗങ്ങളെല്ലാം കിട്ടും ശരീരം ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന പ്രാണാപാനന്മാരെ എല്ലാം അവിടെ നിന്നെല്ലാം പിൻവലിച്ച് ഹൃദയത്തിലേക്ക് യോഗാഗ്രനാകും അത് പറയുന്നു തൻ്റെ അംഗങ്ങളെയെല്ലാം ഉൾവലിഞ്ഞ് ഒരു ജീവൻ സുഷിത്തിയെ പ്രാപിക്കുന്നു അപ്പം ശരീരം ഭാഗികമായി നിശ്ചേതനമാകുന്നു അതുപോലെ യോഗി ഈ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കേട്ട് അത് അന്ധകരണമാകുന്ന ഉപാധിയോടുകൂടി എല്ലാ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് അപ്പം ആ ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ആ ഉപാധിയോടുകൂടി തന്നെ എൻ്റെ ഉപാസനാ ഫലം ഹൃദയത്തിലേക്ക് കേന്ദ്രീകരിച്ചു അത് ചൈതന്യമാണ് ഞാൻ സ്വരൂപമാണ് അതേ ഭാവനയിലൂടെ അതാണ് മാർഗം ഹിരണ്യഗർഭലോകത്തിലേക്കുള്ള മാർഗം ഈ സുഷപ്ന നാടിയിലൂടെ പ്രവേശിപ്പിച്ച് ആ ജീവൻ ആ ഉപാസകൻ സ്വയം അതിലൂടെ സഞ്ചരിച്ചത് പ്രവേശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രവേശിപ്പിക്കുന്നവർ ജീവൻ നേരിട്ട് മാറി ജീവൻ സ്വയം തന്നെ ആ സുഷപ്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഹിർമിഗർഭനുമായി തസൈം വിദ്വാൻ മനോമയാത്മദർശി മൂർധനുഷ്കോകൂരി വ്യാഹൃതിയോ അഗ്നി മഹ്രണ അംഗഭൂത അഗ്നിയാത്മന ഇമം ലോകം വ്യാപനോ വിദ്വാന്റെ സർവാത്മഭാവത്തെ കുറിച്ച് പറയും അങ്ങനെ ഉപാസനയിലൂടെ ഈ ശരീരത്തിൽ നിന്നും നിഷ്ക്രമിച്ച് അവന്റെ പ്രാണൻ നിഷ്ക്രമിക്കുന്നു എന്നും മറ്റും പറയും ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിച്ച് ആ ഹൃണ്കർദ്ധനോട് ഏകീഭാവിക്കുന്നു ആ സമഷ്ടി പ്രാണോപാധികനായ ഹൃണ്യഗർഭനോട് ഏകീഭവിക്കുന്നു ഈ മനോമേനായ ജീവൻ സമഷ്ടി ഹൃഗനോടുകൂടി അവന് സർവാത്മഭാവം വരുന്നു സർവാത്മഭാവം എങ്ങനെ വരുന്നു സ്വാനുഭവമായി വരുന്നു അത് ഓരോന്നും ഇനി പറയുന്നു അതിനൊരു സൈവം വിദ്വാൻ ഇങ്ങനെ ഉപാസിക്കുന്നവൻ മനോമയ ആത്മദർശി മനോമയ ആത്മാവിനെ ദർശിക്കുന്നവൻ സാക്ഷാത്കരിക്കുന്നു മനോമയനായി തന്നെ സാക്ഷാത്കരിക്കുന്നു അത് മനോമയനായി തന്നെ സാക്ഷാത്കരിക്കുന്നവൻ എന്തുകൊണ്ട് പറഞ്ഞു ഉപാസനയ്ക്ക് മുമ്പ് ശരീരമയനായി തന്നെ സാക്ഷാത്കരിക്കുകയായിരുന്നു ഞാൻ ശരീരമാണ് അങ്ങനെ സാക്ഷാത്കരിക്കുന്നവനാണ് അപ്പം ആ ശരീരബോധം വിട്ട് മനോമയനാകണമ ആകുക എന്ന് പറയുന്നത് ആ ഉപാസനയിലൂടെ സാധ്യമാണ് ഉപാസനയിലൂടെ അവൻ ഈ ശരീരബന്ധം വിടുന്നു അതാണ് മനോമയ ആത്മദർശി മൂർധന നിഷ്കരമ്യ അവൻ ൂർധാവിനൂടെ അവൻ നിർഗമിച്ച് അസ്യ ലോകാധിഷ്ഠാത ഈ ലോകത്തിന് അധിഷ്ഠാനമായിരിക്കുന്നു ഈ ശരീരത്തിനും ഈ പ്രപഞ്ചത്തിനും ഭൂരിതി വ്യാകൃതി ഭൂ എന്നുള്ള വ്യാകൃതി അതിനെ നിർദ്ദേശിക്കുന്നിവിടെ അഗ്നി അത് തന്നെയാണ് എന്ന് നേരത്തെ പറഞ്ഞ് ബ്രഹ്മ ബ്രഹ്മണ മഹ ബ്രഹ്മത്തിനംഗമായിരിക്കുന്ന നേരത്തെ പറഞ്ഞു ഭൂ അത് കുറിച്ച് പറഞ്ഞു പറഞ്ഞു മറ്റു ദേവതകളെല്ലാം ആ ബ്രഹ്മത്തിന്റെ അംഗമായിരിക്കുന്നു അഗ്നി അതിന്റെ അംഗമാണ് വായു അതിന്റെ അംഗമാണ് ആദിത്യനംഗമാണ് എന്നെല്ലാം പറഞ്ഞു അംഗമായിരിക്കുന്ന തസ്മോ പ്രതിഷ്ഠ അഗ്നി ലോകം വ്യാപന അഗ്നിസ്വരൂപത്തിൽ ലോകത്തെ വ്യാപിക്കുന്നു ഉപാസകൻ ഹിരണ്യഗർഭ സ്ഥാനത്തെ പ്രാപിക്കുമ്പോ അവൻ വിരാട് രൂപത്തിൽ തന്നെ ആ ഹിരണ്യഗർഭൻ തന്നെ സ്ഥൂല രൂപത്തിൽ വിരാടായിരിക്കുന്നു വിരാട് രൂപത്തിൽ അവൻ സർവനോടും താതാന്യം വരുന്നു അഗ്നിയോടവൻ താതാന്യം പ്രാപിച്ച് അഗ്നി രൂപത്തിലിരിക്കുന്നു ഒരേ ചൈതന്യം തന്നെ അഗ്നിരൂപത്തിൽ പ്രകാശിക്കുന്നു അതേ ചൈതന്യം തന്നെ വായുവായും ജലമായും എല്ലാം പ്രകാശിക്കുന്നു പക്ഷേ അങ്ങനെ തത്വവും പറഞ്ഞാലും തനിക്കത് അനുഭവമല്ല ഉപാസകൻ അത് അനുഭവിക്കുന്നു എന്തുകൊണ്ട് ഈ സമഷ്ടിരൂപത്തിൽ സർവവുമായിരിക്കുന്നത് അഹിരണ്യഗർഭനാണ് അഹിരണ്യഗർഭനോട് അവൻ ഏകീകിച്ചു അവന് ഹിരണ്യഗർഭന്റെ അവസ്ഥ അഹിണി ഗർഭനാണ് വിരാട് രൂപത്തിൽ അഗ്നിയായി പ്രകാശിക്കുന്നത് അഗ്നി രൂപത്തിൽ ഈ ലോകത്തെ വ്യാപിക്കുന്നു ദ്വിതീയ വ്യാഹൃത്യാഗ്മി വായു പ്രതിഷ്ഠ അനുവർത്തതി അതുപോലെ വായുരൂപത്തിൽ അഗ്നിരൂപത്തിൽ ജലരൂപത്തിൽ ഭൂമി രൂപത്തിൽ പ്രതിഷ്ഠതി വ്യാപനോദി അതിനോടവന് താതാത്മ്യം വരുന്നു എന്നുവെച്ചാൽ അവൻ്റെ പരിച്ഛിന്നമായ ഈ ശരീര അഭിമാനം വിട്ടിട്ട് അവന് സർവത്താതാത്മ്യം വരുന്നു ഈ സർവത്താതാത്മ്യം പോലെയുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുന്നത് ഇത്തരം അനുഭവങ്ങളെല്ലാം ഉപാസനയുടെ ഫലമാണ് അതാണ് ഇവിടെ പറയുന്നത് പാസകനെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ തത്വജ്ഞാനത്തിന്റെ ഫലമല്ല തത്വജ്ഞാനത്തിന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാനില്ല ഇവിടെ അങ്ങനല്ല തത്വജ്ഞാനിക്ക് ഹിരണ്യഗർഭപ്രാപ്തിയല്ല വിരാട് ഭാവപ്രാപ്തിയോ ഹിരണ്യഗർഭപ്രാപ്തിയോ ഇങ്ങനെയുള്ള പ്രാപ്തികളൊന്നുമില്ല മറിച്ച് ഉപാസകനാണ് എന്തുകൊണ്ട് ഈ താതാത്മ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ താതാത്മ്യഭാവത്തെയാണ് ഹിരണ്യഗർഭസ്ഥാനം എന്ന് പറയുന്നത് ആ സ്ഥൂല താതാത്മ്യത്തെ വിരാട് ഭാവം പറയുന്നു സൂക്ഷ്മ താതാത്മ്യത്തെ ഹിരണ്യഗർഭാവം എന്ന് പറയുന്നു ഈ ഭാവങ്ങളിൽ ഉപാസകൻ അതിനോട് ഏകീഭവിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉപാസകൻ പ്രാണരൂപത്തിൽ ഈ ശരീരത്തിൽ ഉത്ക്രമിച്ച് ഈ ശരീരത്തിൽ നിന്ന് ഉത്ക്രമിക്കാന്ന് പറയുമ്പോൾ ഈ ശരീരത്തിലുള്ള അമിഥ്യാ താതാത്മ്യത്തെ ഉപേക്ഷിക്കും അല്ലാതെ ശരീരത്തിൽ നിന്ന് ഉത്ക്രമിക്കാൻ സാധ്യമുണ്ട് ജീവൻ ഈ ശരീരത്തിൽ ഉത്ക്രമിക്കണമെങ്കിൽ ഇതിലുള്ള താതാത്മ്യം പെടുന്നു ഇതിലുള്ള അഹംബോധം പെടുന്നു മരണത്തിൽ പോലും അതാണ് സംഭവിക്കുന്നത് ശരീരത്തിലുള്ള അഹംബോധം പെടുന്നു ജീവൻ ശരീരത്തെ വിടുന്നു ഉപാസന വിശേഷിച്ച് പറയാനുണ്ട് ഉപാസനൻ ഈ ശരീരത്തിലുള്ള താതാന്ദ്യം വിടുന്നു വിട്ട് ആ ഉപാസനയിൽ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ആ ഹിരണ്യഗർഭാവത്തോടെ ഭവിക്കുന്നു ആ മാർഗങ്ങൾ എല്ലാം എങ്ങനെ അത് ഉപാസനയിൽ തന്നെ തെളിയുന്ന അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ ജീവൻ പ്രകാശസ്വരൂ പ്രകാശിക്കുന്നു നാടിയിലൂടെ സഞ്ചരിക്കുന്നു അവിടെ എത്തിച്ചേരുന്നു അപ്പൊ സഞ്ചാരം അത് പ്രാണനെ ആശ്രയിച്ചുള്ളതാണ് പ്രാപ്തി അത് കർമ്മത്തെ ആശ്രയിച്ചുള്ളതാണ് അതെല്ലാം ജീവഭാവത്തിലെ സാധ്യമാകും ജീവൻ പ്രാണമയനായും മനോമയനായും ഇരിക്കുമ്പോഴേ അതൊക്കെ സാധ്യമാകും അതിലതൊക്കെ സാധ്യമാണ് കേവല അജ്ഞാനനാശത്തിൽ സ്വയം പ്രകാശിക്കുന്ന ആത്മാവ് അവിടെ പ്രാണനില്ല മനസ്സില്ല സഞ്ചാരമില്ല ഒന്നിനെയും പ്രാപിക്കലില്ല അതുകൊണ്ട് വിശിഷ്ടമായ ഒരു അനുഭവം ഇല്ല അവിടെ അവിടുത്തെ അനുഭവം എന്ന് പറയുന്നതിന് എന്താ പറയുന്നത് സ്വയം പ്രകാശം അതിനപ്പുറം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല അവിടെ സാക്ഷാത്കാരമെന്ന് പറഞ്ഞാൽ അത്രയുള്ളവർ അസ്വയം പ്രകാശിക്കുന്നു അല്ലെങ്കിൽ പറയാൻ എന്താണ് അത് അജ്ഞാനശൂന്യമായിരിക്കുന്നു ഭ്രാന്തിശൂന്യമായിരിക്കുന്നു വിപരീയ ശൂന്യമായിരിക്കുന്നു ഇങ്ങനെയല്ല പറയാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അന്ധകരണം മനസ്സ് ഇതെന്നെല്ലാം ആശ്രയിച്ചുള്ള ഗതി പ്രാപ്തി അനുഭവം ഇതെല്ലാം ഇവിടെ ഉണ്ട് കഥാ ഭുവ ഇതി ദ്വിതീയം വ്യാഹൃത്യു ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ഉപാസനയുടെ ഫലമായിരിക്കുന്ന ഈ പ്രാപ്തി ഗതി അനുഭവം ഇതിനെയെല്ലാം ആത്മാനുഭവം എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്നു ഇത് അല്ല ഇത് ഉപാസനാ ഫലമായി വരുന്ന അനുഭവത്തെ പറയുന്നത് പ്രതിഷ്ഠത ഇത് സർവത്ര സംഭവിക്കുന്നു ശീർകൃതീയ വ്യാഹൃത്തി ആത്മിനി ആദിത്യം പറഞ്ഞ ആദിത്യനാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഭൂ സു അഗ്നി വായു ആദിത്യ ആദിത്യനെ ആദിത്യനോട് തന്മിപ്പെടുന്നു ആദിത്യഭാവത്തിലിരിക്കുന്നു ചതുർത്ഥ്യാത്മനിഷ്ഠതി അങ്കിനി അതിന്റെ അംഗമായിരിക്കുന്ന നേരത്തെ പറഞ്ഞു അംഗമായിരിക്കുന്നു ഹിരണ്യഗർഭൻ എന്ന ദേവത അങ്കിയായിരിക്കുന്നു അതിന്റെ അംഗങ്ങളായിരിക്കുന്നു മറ്റ് ദേവതകൾ സൂര്യാദി ദേവതകൾ എന്നുമ്പോ പറഞ്ഞു ശേഷേന സ്വരാജ്യം സ്വയമേ രാജ അധിപതിർഭവതി അംഗഭൂത തേശു ആത്മഭാവന സ്ഥിത്വർഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഗർഭഭാവം എന്ന് പറയുമ്പോൾ ആ സമഷ്ടിപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യം ആണ് ഹിരണ്യഗർഭാവം ജീവൻ ഈ ശരീരത്തിൽ വൃഷ്ടിപ്രാണോപാധിയോടുകൂടിയിരിക്കുന്നു ജീവൻ അത്രേ കഴിയുന്നു ഈ ശരീരത്തിലെ പ്രാണസഞ്ചാരം അതിനെ ആശ്രയിച്ച് ശരീരത്തിനത് സ്ഥിതി ചെയ്യുന്നു അതുപോലെ സമഷ്ടിപ്രാണൻ ആ സമഷ്ടിപ്രാണനും ഉടമസ്ഥനായിരിക്കുന്നവനാണ് ഹിരണ്യഗർഭൻ തേശു ആത്മഭാവേന സ്ഥിതിത്വ ആത്മനോതി ബ്രഹ്മഭൂത സ്വരാജ്യവൻ സ്വരാജ്യത്തെ പ്രാപിക്കുന്നു സ്വരാട്ട് ഭാവം സ്വയമേവ രാജാധിപതി അവിടെ സ്വരാജ്യം എന്തുകൊണ്ട് പറഞ്ഞു അതിന്റെ താല്പര്യം എന്താണ് സ്വയം തന്നെ അവൻ രാജാവാകുന്നു ുന്നു ഭവതി എന്തിന് അംഗഭൂതാനം ദേവാനാം അംഗഭൂതങ്ങളായിരിക്കുന്ന ദേവതകൾക്ക് യഥാ ബ്രഹ്മ എങ്ങനെയാണോ ബ്രഹ്മൻ സർവത്തിനും ആധാരമായിരിക്കുന്നത് പോലെ അവൻ ഹിരണ്യഗർഭരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മറ്റ് ദേവതകൾക്കെല്ലാം അവൻ അധിപതിയായിരിക്കുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞത് സർവ്വ ദേവതകളും അവന് ബലിയർപ്പിക്കുന്നു അവൻ സർവകാമങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു അവൻ സർവഭോഗങ്ങളെയും അനുഭവിക്കുന്നു അവൻ സർവ ലോകങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു അവൻ സർവകർമ്മഫലങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു എന്നെല്ലാം പല ഭാഗങ്ങളിലും പറയുന്നത് പലപ്പോഴും ഈ ഉപാസകന്റെ ഫലത്തെയാണ് കാരണം സർവലോകാധിപതിയായിരിക്കുന്ന ആ ഹിരണിഗർഭസ്ഥാനത്തെ അവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ഹിരണിഗർഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കാം അവന് സർവലോകപ്രാപ്തി സംഭവിക്കുന്നു സർവകാമപ്രാപ്തി സംഭവിക്കുന്നു സർവദേവതാപ്രാപ്തി സംഭവിക്കുന്നു സർവദേവതകളും അവൻ്റെ സേവയിലാണ് അവന് ബലിയർപ്പിക്കുന്നു എന്നുവെച്ചാൽ സർവവും അവന് അധീനമാണ് ഏതുപോലെ യഥാബ്രഹ്മ ബ്രഹ്മം എങ്ങനെയാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് അതാണ് ൈശ്വര്യങ്ങളെയും പ്രാപിക്കുന്നു വിശാവാസ്യത്തിന്റെ ഭാഷയത്തിനും നമ്മൾ ചർച്ച ചെയ്യും സർവ്വൈശ്വര്യം മണിമാദേശ്വര്യങ്ങളെ പ്രാപിക്കുന്നു സർവ്വൈശ്വര്യങ്ങളും ഈ ഹൃണ്യഗന്ധനെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് അതിനെല്ലാം പ്രാപിക്കുന്നു ദേവാസ്ഥ സർവേ അസ്മി ബലിം ആവഹതി അംഗഭൂത യഥാബ്രഹ്മണേ ഇതിന്റെ അംഗങ്ങളായിരിക്കുന്ന ദേവതകളെല്ലാം അഗ്നി ആദിത്യവായു തുടങ്ങിയ ദേവതകളെല്ലാം ബലിം അവഹന്തി അവന് ഉപഹാരങ്ങൾ സമർപ്പിക്കുമ്പോൾ അവന് കപ്പം കൊടുക്കുന്നു എന്നറിയും ചക്രവർത്തിക്കും മറ്റു രാജാക്കന്മാർന്നിച്ചാൽ അവന്റെ അധീനതയിലായിരിക്കുന്നു ഭീഷാസ്മാവത്തെ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം ബ്രഹ്മത്തിനും പറയും ബ്രഹ്മത്തിന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു ബ്രഹ്മം സർവാധാരമായിരിക്കുന്നു സർവചനങ്ങൾക്കും സാക്ഷിയായിരിക്കുന്നു ആ സർവകർമ്മ സാക്ഷിയായിരിക്കുന്ന ആ നിർഗുണ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ സർവ്വവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഹിരണ്യഗർഭനെക്കുറിച്ച് പറയുക ഹിരണ്യഗർഭനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല എന്ത് ചെയ്യുന്നു ആ ഹിരണ്യഗർഭൻ തന്നെ സ്വയം നിയന്താവായിരിക്കുന്നു അവന്റെ നിർഗുണമായ അവന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നല്ല അവൻ സംഭവിപ്പിക്കുന്നു അവന്റെ ശക്തിയിൽ മറ്റുള്ളതെല്ലാം പ്രവർത്തിക്കുന്നു അവൻ സർവത്തിനും നിയന്താവായിരിക്കുന്നു അവൻ സർവത്തെയും ചലിപ്പിക്കുന്നു അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ചലിക്കുന്നു അവൻ അധീനമായിരിക്കുന്നു സർവതുകൊണ്ട് സർവരും അവന് ബലിയർപ്പിക്കുന്നു പ്രധാനങ്ങൾ അർപ്പിക്കുന്നു സർവാധീശത്വം സർവശക്തിത്വം അതിനെ നാണിവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതിനെ തന്നെ വേറെ തരത്തില് പറയുന്നതാണ് നിർഗുണം സഗുണം സഗുണേശ്വരം നിർഗുണേശ്വരൻ എന്നെല്ലാം പറയുന്നത് ഇത് തന്നെയാണ് ഇതിനെ തന്നെ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഇതിന് വരുമ്പോൾ എന്താണ് സാഹിത്യപ്രാപ്തി എന്നെല്ലാം പറയും ഒരു ലോകത്തിലേക്ക് പോകുന്നു അവിടെ ഇരിക്കുന്ന വിഷ്ണുവിനോടോ ശിവനോടോ ഉള്ള സാഹിത്യത്തെ പ്രാപിക്കുന്നു ഏകീഭാവത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുന്ന പൗരാണികമായ ഈശ്വരപ്രാപ്തി അത് തന്നെ വേറെ തരത്തിൽ വൈദികമായി അവതരിപ്പിക്കുന്നതാണ് ഈ ഹിരണ്യഗർഭപ്രാപ്തി അല്ലെങ്കിൽ ഇത് തന്നെ വൈദികമായി ഇതിനെ തന്നെ പരിഷ്കരിച്ച് മറ്റുപാസനകളും മറ്റ് സാധനങ്ങളും എല്ലാം നിർദ്ദേശിക്കുകയും അതിലൂടെ വരുന്ന ഈശ്വരപ്രാപ്തി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ കുറച്ചുകൂടി പരിഷ്കൃതമായ രൂപങ്ങളാണ് ഇതെല്ലാം വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് ഇതിന് വ്യത്യാസമില്ല കൂടെ എന്ന് പറയുന്നത് വേറൊരുത്തേനും ബ്രഹ്മവെന്ന് പറയും വിഷ്ണുവെന്ന് പറയും ശിവനെന്ന് പറയും ഇവിടെ ഹിരണ്യകർഭപ്രാപ്തി എന്ന് പറയും വേറെ ശിവപ്രാപ്തി എന്ന് പറയും ഇവിടെ ഹിരണ്യകർഭപ്രാപ്തിക്കുകയും ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഉപാസന വൈദികമായ ഉപാസന നിർദ്ദേശിക്കുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ മാന്ത്രിക താന്ത്രിക ഉപാസനകൾ പൗരാണികമായ ഉപാസനകള് വേറെ എന്താണ് ശിവശക്തി ഐക്യം ഇങ്ങനെ പല പേരിലും പറയും കുണ്ടലിന്യുപാസന ഇതെല്ലാം ഇതിൻ്റെ തന്നെ വകഭേദങ്ങളാണ് ഇവിടെ മുഖ്യമായും മനസ്സിനെ മനസ്സിൻ്റെ ഭാവന വേറെടുത്ത് പ്രാണനെ ആശ്രയിച്ച് പ്രാണന്റെ അഭ്യാസത്തിലൂടെ അത് തന്നെ ഒരു ഉപാസനയായി അങ്ങനെ ചെയ്യുന്നു ഇവിടെ ഒരു തരത്തിലുള്ള ഭാവന മറ്റുപാസനകളിൽ വേറെ തരത്തിലുള്ള ഭാവന ഇതെല്ലാം ഒരേ ഒരു തത്വത്തെ പ്രാപിക്കുന്നതിനുള്ള വിഭിന്നമായ ഉപായങ്ങളാണ് വേദത്തിൽ ഈ രൂപത്തിൽ നിർദ്ദേശിക്കുന്നു ആത്മനോദി മനസസ്പതി മനസാമ്പതി സർവാത്മകത്വ്രഹ്മണ സർവേഹി മനോഭി തന്മനത്തെ മനസ്പതി മനസ്സിന്റെ പതിയാണ് ആത്നപതി സർവ്വമനസ്സുകൾക്കും പതിയായിരിക്കുന്നവ ഇപ്പോ താൻ ഈ അഭിമാനത്തോടുകൂടിയിരിക്കുന്നു ശരീരത്തിനും അഭിമാനത്തോടുകൂടിയിരിക്കുമ്പോൾ ഈ ജീവൻ ആ മനസ്സിന്റെ പതിയാണ് എന്തുകൊണ്ട് ആ ജീവനെ ആശ്രയിച്ചാണ് ആ മനസ്സ് നിൽക്കുന്നത് പക്ഷെ ഹിരണിഗർഭൻ അങ്ങനെയല്ല സർവേഷാം ഹി മനസ്സാം പതി സർവ്വമനസ്സിനും പതിയായിരിക്കുന്നു സർവാത്മകത്വ ബ്രഹ്മണ അവൻ സർവാത്മകമായിരിക്കുന്നു അതുകൊണ്ട് ആ ബ്രഹ്മൻ സർവാത്മകമാണ് സർവമനസ്സും അതിനെ ആശ്രയിച്ചിരിക്കുന്നു സർവേഹി മനോഭീ തന്മനത്തെ സർവമനസ്സുകളും അതിനെയാണ് മനനം ചെയ്യുന്നത് അതുകൊണ്ട് അഹിരണ്യഗപ്രാപ്തിയിൽ അവൻ സർവത് മനോമയനാകുന്നു കേവലം വൃഷ്ടി ശരീരം നിഷ്ടമായി മനോമയനല്ല ഇപ്പോ ജീവൻ അങ്ങനെ ആയിരിക്കുന്നു പക്ഷേ ഹരണിക പ്രാപ്തിയിൽ അവൻ സർവമനോമയനായിരിക്കുന്നു കഥാത്മനോ ദൈവം വിദ്വാൻ ഇങ്ങനെ ഉപാസിക്കുന്നവൻ ആ സർവമനോമയമായ അവസ്ഥയെ പ്രാപിക്കുന്നു ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയാൻ ഉപാസനയിൽ മാത്രം സാധിക്കുന്ന കാര്യമാണ് തത്വജ്ഞാനം കൊണ്ട് സാധ്യമല്ല സർവ്വമനോമയ ഭാവമൊന്നും തത്വജ്ഞാനത്തിൽ സാധ്യമല്ല എന്തുകൊണ്ട് തത്വജ്ഞാനത്തിൽ അവിടെ മനസ്സേ ഇല്ല പിന്നെ അവൻ ഇങ്ങനെ മനോമയനാകാൻ പറ്റും അവൻ മനസ്സിനെ തന്നെ ശരിക്കും അപ്പം പറയുന്ന അണിമാതി ഐശ്വര്യങ്ങൾ സിദ്ധികൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉപാസനയുടെ ഫലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സർവ്വ മനോമയനായിരിക്കുമ്പോ സർവ മനസ്സിനെയും സർവരുടെ അന്തർഗതത്തെയും അത് ആ ഉപാസനയിലൂടെ ആ സ്ഥാനത്തെ പ്രാപിച്ചവനെ അത് സാധ്യമാകും കിഞ്ച വാക്പതി സർവാസാം വാചാം പദർഭൂതി സർവ്വ വാക്കുകളുടെയും പതിയായിരിക്കുന്നു സർവവാക്കുകളും അവനിന്നാണ് പുറപ്പെടുന്നത് സർവ വാക്കുകളും അവനെ തന്നെ വചിക്കുന്നു ഇങ്ങനെ പലതരത്തിൽ പറയുന്നു തഥൈവ ചക്ഷുഷ് പതി ചുഷാംപതി സർവ കണ്ണുകളും അവനെ തന്നെ കാണുന്നു അല്ലെങ്കിൽ സർവ്വ കണ്ണുകളിലൂടെയും അവൻ കാണുന്നു രണ്ടു തരത്തിലും പറയാം സർവ അവൻ സാക്ഷിയായിരിക്കുന്നു സർവത്തെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു ശ്രോത്രപതി ശ്രോത്രാണാം പതി അവൻ കേൾക്കുന്നു അല്ലെങ്കിൽ സർവശബ്ദങ്ങളുടെയും കേൾവിക്കാരനായിരിക്കുന്നവനാണ് സർവാത്മഭാവം അതാണ് വിജ്ഞാനപതി വിജ്ഞാനാംച്ച പതി സർവ്വവിജ്ഞാനങ്ങളുടെയും പതി സർവവിജ്ഞാനങ്ങളും അത് ചാക്ഷം മാനസം ശ്രോത്രം എന്നു തുടങ്ങി സർവവിജ്ഞാനങ്ങളും സർവീന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലും ഉണ്ടാകുന്ന സർവവിജ്ഞാനങ്ങളുടെയും സർവ്വാനുഭവങ്ങളുടെയും പതിയായിരിക്കുന്നു അതല്ല അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സർവാത്മകനായ ഒരു ഹിരണ്കർധന് മാത്രമേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റൂ ഒരു ഉപാസകന തൊട്ട് സാധ്യമുള്ളതാണ് ഉപാസകൻ അങ്ങനെ ഒരു സർവാത്മഭാവത്തെ പ്രാപിച്ചാലും അവന് സൃഷ്ടിതി സംഹാരങ്ങളൊന്നും സാധ്യമല്ല ഭിരണ്ഗർഭൻ ഭിരണ്ഗർഭാവത്തിൽ വിരാട് ഭാവത്തിൽ അന്തര്യമിഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് സൃഷ്ടിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നത് ജീവനെന്ത് ചെയ്യുന്നു ഉപാസനയിലൂടെ ഏകീഭവിക്കുമ്പോൾ ഇത്തരം വിശേഷതകൾ അവനിൽ വന്നേരുന്നു ആ വിശേഷതകളാണ് ഇവിടെ പറയുന്നത് സൃഷ്ടിച്ച സംഹാരം അത് ഈശ്വരന്റെ മാത്രം ജോലിയാണ് സർവാത്മകത്വ സർവപ്രാണി നാം കർണൈ തദ്വാൻ ഭവതി സർവപ്രാണികളുടെയും കർണങ്ങളിലൂടെ തദ്വാനാകുന്നു സർവ ഇഞ്ചിനീയറിംഗങ്ങളോട് കൂടിയവനാകുന്നു സർവവിജ്ഞാനത്തോടു കൂടിയവനാകുന്നു കിഞ്ച തഥോപ്യധികതരമേതഭവതി ഇത്രയും പറഞ്ഞാലും പറ അവൻ ഇതിനുമാപ്പുറം എത്തിച്ചേരുന്നു കിം തത്വിച്ചത് എന്താണെന്ന് പറയുന്നു ആകാശ ശരീരം ആകാശ ശരീരം ആകാശവത്വാ സൂക്ഷ്മ ശരീരം അസീത്യാകാശരീരം അവൻ ആകാശമാകുന്ന ശരീരത്തോടുകൂടിയു എന്ന് പറഞ്ഞാൽ എന്താണ് ഹിരണ്യഗർഭൻ പ്രാണോപാധികനാണ് അല്ലെങ്കിൽ പറയാം സൂക്ഷ്മ ഉപാധികനാണ് സർവ സൂക്ഷ്മവും അവന്റെ ഉപാധിയാണ് അതേ ഹിരണ്യഗർഭൻ തന്നെയാണ് വിരാട്ടാകുന്നത് സ്ഥൂലത്തെ ഉപാധിയായി സ്വീകരിക്കുമ്പോൾ അവിടെ രണ്ടല്ല ഒന്ന് തന്നെ സൂക്ഷ്മത്തെ ഉപാധിയായി സ്വീകരിക്കുമ്പോൾ ഹിരണ്യഗർഭൻ സ്ഥൂലത്തെ ഉപാധിയായി സ്വീകരിക്കുമ്പോൾ വിരാട്ട് കാരണത്തെ ഉപാധിയായി സ്വീകരിക്കുമ്പോൾ അന്തര്യാമി ഇങ്ങനെയെല്ലാം ശാസ്ത്രത്തിൽ വിവഹരിക്കുന്നു എന്നേ ഉള്ളൂ വിരാട് രൂപത്തിലവൻ ഈ ആകാശത്തെ തന്നെ സ്വന്തം ശരീരമായി സ്വീകരിച്ചിരിക്കുന്നു ആകാശ ശരീരനായിരിക്കുന്നു എന്ന് പറയുന്നു ആകാശ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരമെത്തി ആകാശ ശരീരം ആകാശത്തെ പോലെ സൂക്ഷ്മമായ ശരീരം എന്തുകൊണ്ട് ഹിരണ്യഗർഭരൂപത്തിൽ ഉപാധി സൂക്ഷ്മമാണ് ഈ സ്ഥൂലാകാശമല്ല സ്ഥൂലാകാശം വിരാട്ടിന്റെ ഉപാധിയാണ് സൂക്ഷ്മകാശമാണ് ഹിരണ്യഗർഭന്റെ ഉപാധി അതുകൊണ്ട് ഇവിടെ ആകാശം എന്ന് പറഞ്ഞത് കൊണ്ട് വാശ്യാർത്ഥത്തെ എടുക്കണ്ട ആകാശത്തെ പോലെ സൂക്ഷ്മമായ ഉപാധിയോടുകൂടി തീരുന്നു ആകാശ ശരീരം കിംദ്രകൃതം ബ്രഹ്മ ഇവിടെ ഇതെല്ലാം എന്താണ് ഈ പറയുന്നത് ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണ് ആ ബ്രഹ്മം തന്നെ അന്തര്യാമിയായും ഇരണ്യഗർഭനായും വിരാട് പുരുഷനായും സ്ഥിതി ചെയ്യുന്നു ഉപാസകനും ഈ ഭാവങ്ങളെല്ലാം പ്രാപിക്കുന്നു ഇതാണ് പറയുന്നത് എന്താണ് സ്വാമി അവസാന സമയത്ത് സമാധിയെ പ്രാപിച്ചു മൂർധാവിനെ ഭേദിച്ച് ജീവൻ പോയി എന്നെല്ലാം പറയുന്നത് ഈ ഉപാസനയുടെ ഫലത്തെക്കുറിച്ചാണ് ഉപാസന ചെയ്യുന്നവർക്കുള്ളൂ ഉപാസന ചെയ്ത് ഉപാസനയിൽ നല്ല അഭ്യാസം വന്നാലും ഉപാസനയുടെ പൂർത്തി ഉപാസന പൂർണമാകും തന്റെ പ്രാരബം എല്ലാം അനുകൂലമാണ് എന്ന് കാണുമ്പോൾ കാരണം ആ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ആ ശരീരം ഉപാസനയുടെ പൂർത്തിക്ക് വേണ്ടി മാത്രമാണ് ഉപാസകന്റെ പ്രാരബ്ധം ശരീരത്തെ നിലനിർത്തിയിരിക്കുന്നത് ഉപാസനയുടെ ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ടു ഒത്തു വരുന്നു അവന്റെ അഭ്യാസത്തിന്റെ പൂർണ്ണതയും പ്രാരബ്ധവും അനുകൂലമായി വരുന്നു അതിനനുകൂലിച്ചുള്ള പ്രാരബ്ധുണ്ടെങ്കിൽ അത് സാധ്യമാവും രണ്ടു ഒരുമിച്ച് വരുമ്പോൾ ആ ഉപാസനയുടെ പൂർത്തീകരണത്തിൽ എന്ത് വരണം അവൻ ശരീരത്തെ ഉപേക്ഷിക്കും അതുവരെയുള്ളൂ ഈ പ്രാരംഭ ശരീരം അത് മനസ്സിലാക്കി ഉപാസകൻ ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു ശരീരത്തെ എങ്ങനെ ഉപേക്ഷിക്കും കാരണം അവൻ ആ ജീവരൂപത്തിൽ തന്നെ ശരീരത്തിൽ നിന്നും നിർഗമിക്കുന്നു അത് കേവലം അജ്ഞനായ ജീവനെപ്പോലെയല്ല ഉപാസനയുടെ തലത്തില് ഭിരണ്ഗർഭന ലക്ഷ്യമാക്കി മറ്റ് ശരീരത്തെ ലക്ഷ്യമാക്കിയില്ല മറ്റ് ലോകങ്ങളെ ലക്ഷ്യമാക്കിയില്ല ഹിരണ്യഗർഭന ലക്ഷ്യമാക്കി പ്രത്യേക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു ആ മാർഗത്തെ കുറിച്ചാണ് ഉത്തരായണമെന്നും മറ്റും നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ആ മാർഗത്തിലൂടെ ശരീരത്തെ ഉപേക്ഷിച്ച് സഞ്ചരിക്കുമ്പോൾ പറയുന്നു സ്വാമി സമാധിയായി എന്ന് പറയുന്നു അതാണ് ഉപാസകന്റെ സമാധി എന്ന് പറയുന്നു സഹജ സമാധിയല്ല ഉപാസകന്റെ സമാധിയല്ല അത് അത്തരം ഉപാസനകൾ ശീലിക്കുന്ന അപൂർവം പേരിലെ സാധ്യമാകും അല്ലാത്തവര് സാധ്യമാകും ഇവിടെ ഹിരണ്യഗർഭപ്രാപ്തിയാണെങ്കിൽ ഇവിടെ പറയുന്ന തരത്തിൽ ഉപാസന അനുഷ്ഠിക്കും ഇതിന് സമാനമായ മറ്റെന്തെങ്കിലും വൈദികമല്ലാത്ത ഉപാസനകളാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അതിന്റെ ഫലമായും ഇതൊക്കെ സംഭവിക്കും ഇതുപോലെയുള്ള മറ്റ് ദേവതാപ്രാപ്തികൾ സംഭവിക്കാം അതും ഇതിന് സമാനം ഇതിന് സമാനമായ രീതിയിൽ അവിടെ എന്ത് ചെയ്യുന്നു ഈ ശരീരത്തെ ഉപേക്ഷിച്ച ജീവൻ തന്റെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു ഏതാണോ ലക്ഷ്യം അതിനെ പ്രാപിക്കുന്നു അത് കൈലാസമാണോ വൈകുണ്ഠമാണോ ശിവനാണോ വിഷ്ണുവാണോ ദേവിയാണോ ഏതാണോ അതിനെ പ്രാപിക്കുന്നത് അതിന്റെ എല്ലാം പ്രക്രിയ ഒന്നു തന്നെ രീതി ഒന്ന് തന്നെ സ്വഭാവം ഒന്നു തന്നെ അല്ലാത്ത സ്വാമിമാരെല്ലാം കട്ടിൽ കടന്നിച്ചാകും പിന്നെ അവരെ പിടിച്ച് കയ്യും കാലമൊക്കെ വളച്ചിരുത്തി സമാധിയാക്കലുണ്ടാകുന്നത് മറ്റു സമാധി സംഭവിച്ചിട്ടുള്ളത് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായാലും കുഴപ്പമുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ നേരത്തെ ഒരു സർക്കസും വേണ്ടെന്നാണ് എങ്ങനെയാണോ മൂർച്ഛിതനായിട്ടാണോ ബോധശൂന്യനായിട്ടാണോ രോഗിയായിട്ടാണോ നിരത്തിലാണോ കട്ടിലാണോ ആശ്രമത്തിലാണോ എങ്ങനെയായാലും ശരി ആരെങ്ങനെ തന്നെ കൊന്നാലും വിരോധമില്ല പ്രാണൻ ശരീരത്തെ വിടുന്നും ഭ്രാന്തി സംശയ അവനെ സംബന്ധിച്ച് ഭ്രാന്തി അവൻ ഭ്രാന്തി തന്നെ മുക്തനായിരിക്കുന്നു അവന് പ്രത്യേകിച്ച് ശരീര നാശ സമയത്ത് പ്രത്യേകിച്ച് അഭ്യാസവും ആ സമയത്ത് പ്രത്യേകിച്ചൊരു സമാധി അതിൻ്റെയൊന്നും ആവശ്യം തത്വജ്ഞാൻ എനിക്ക് വരുന്നുണ്ട് പക്ഷെ ഉപാസകൻ അതൊക്കെ ആവശ്യമുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സയേശോ അന്തർഹൃദയ ആകാശ തസ്മയം പുരുഷോ മനോമയ അമൃതോ ഹിരണ്മയ അന്തരേണ തലുഗേഷ സ്ഥനൈവത്തെ സേന്ദ്രയോനിവർത്ത വ്യപോഹ്യശി ശകരിഗ്നൗ പ്രതിഷതി ഭുവൈതി വായ സുവൈരിയാദിത്യേ മഹൈതി ബ്രഹ്മണി ആത്മനോതി സ്വാരാജ്യം ആപ്പോതി മനസസ്പതിപതി ചുഷ്പപദീസോത്രപതിർവിനപതി വേദത്തതോഭശരീരം ബ്രഹ്മ സത്യാത്മാ പ്രാണാരാമം മന ആനന്ദം ശാന്തിസമൃദ്ധം അമൃത പ്രാചീനയോഗ്യോപാസ്